സത്യവിശ്വാസികളെ നിങ്ങളല്ലാത്തവരിൽ നിന്ന് നിങ്ങൾ രഹസ്യമിത്രങ്ങളെ സ്വീകരിക്കരുത് അവർ നിങ്ങൾക്ക് നാശമുണ്ടാക്കുന്നതിൽ ഒട്ടും വിമുഖത കാണിക്കില്ല നിങ്ങൾ കഷ്ടപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവരുടെ വായകളിൽ നിന്ന് വിദ്വേഷം പ്രകടമായി കഴിഞ്ഞു അവരുടെ ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അതിലും വലുതാണ് നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുവേണ്ടി ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്